നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അള്ളാഹു സുബഹാനഹു വറ്റ ആലയുടെ നിങ്ങളുടെ അടുക്കൽ വന്നാലോ അല്ലെങ്കിൽ ആ സമയം വന്നാലോ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അള്ളാഹു സുബഹാനുഹു വറ്റലയല്ലാത്ത മറ്റാരെയെങ്കിലും നിങ്ങൾ വിളിക്കുമോ